ം ഞങ്ങളുടെ പ്രവാസത്തിന്റെ ഇരുപത്തിയഞ്ചാം ആണ്ടിന്റെ ആരംഭത്തിങ്കൽ പത്താം തീയതി നഗരം പിടിക്കപ്പെട്ടതിന്റെ പതിനാലാം ആണ്ടിൽ അന്നേ തീയതി തന്നെ യഹോവിയുടെ കൈ എന്റെ മേൽ വന്നു എന്നെ അവിടേക്ക് കൊണ്ടുപോയി ദിവ്യദർശനങ്ങളിൽ അവനെന്നെ ഇസ്രയേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി അതിന്മേൽ തെക്കുമാറി ഒരു നഗരത്തിന്റെ രൂപം പോലെ ഒന്ന് കാണുവാനുണ്ടായിരുന്നു അവൻ എന്നെ കൊണ്ടുചെന്നു അവിടെ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു അവൻ കാഴ്ചയ്ക്ക് താമ്രം പോലെ ആയിരുന്നു അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവു ഉണ്ടായിരുന്നു അവൻ പടിവാതുക്കൽ നിന്നു ആ പുരുഷൻ എന്നോട് മനുഷ്യപുത്ര നീ കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ടു കേട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന എല്ലാറ്റിലും ശ്രദ്ധ വെക്കുക ഞാനവ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ കാണുന്നതൊക്കെയും ഇസ്രയേൽ ഗ്രഹത്തോട് അറിയിക്ക എന്ന് കൽപ്പിച്ചു എന്നാൽ ആലയത്തിനു പുറമെ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു ആ പുരുഷന്റെ കയ്യിൽ ആറു മുഴം നീളമുള്ള ഒരു അളവുദണ്ട് ഉണ്ടായിരുന്നു മുഴമോ ഒരു മുഴവും നാലു വിരലും അത്ര അവൻ മതിൽ അളന്നു വീതി ഒരു ദണ്ട് ഉയരം ഒരു ദണ്ട് പിന്നെ അവൻ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിങ്കൽ ചെന്ന് അതിൻ്റെ പതനങ്ങളിൽ കയറി ഗോപുരത്തിന്റെ ഉമ്മരപ്പടി അളന്നു അതിന്റെ വീതി ഒരു ദണ്ട് മറ്റേ ഉമ്മരപ്പടിയുടെ വീതിയും ഒരു ദണ്ട് ടത്തിനും ഒരു ദണ്ട് നീളവും ഒരു ദണ്ട് വീതിയും ഉണ്ടായിരുന്നു മാടങ്ങൾ തമ്മിൽ അയ്യഞ്ചു മുഴം അകന്നിരുന്നു ഗോപുരത്തിന്റെ ഉമ്മരപ്പടി അകത്ത് ഗോപുരത്തിന്റെ പൂമുഖത്തിനരികെ ഒരു ദണ്ടായിരുന്നു അവൻ ഗോപുരത്തിന്റെ പൂമുഖം അകത്തുവശം അളന്നു ഒരു ദണ്ട് അവൻ ഗോപുരത്തിന്റെ പൂമുഖം അളന്നു അത് എട്ട് മുഴവും അതിന്റെ കട്ടളക്കാലുകൾ ഈ രണ്ടു മുഴവും ആയിരുന്നു ഗോപുരത്തിന്റെ പൂമുഖം അകത്തോട്ടായിരുന്നു കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിന്റെ മാടങ്ങൾ ഇപ്പുറത്ത് മൂന്നും അപ്പുറത്ത് മൂന്നും ആയിരുന്നു മൂന്നിനും ഒരേ അളവും ഇപ്പുറത്തും അപ്പുറത്തുമുള്ള കട്ടിളക്കാലുകൾക്ക് ഒരേ അളവും ആയിരുന്നു അവൻ ഗോപുരപ്രവേശനത്തിന്റെ വീതി അളന്നു പത്തുമുഴം ഗോപുരത്തിന്റെ നീളം അളന്നു പതിമൂന്ന് മുഴം മാടങ്ങളുടെ മുമ്പിൽ ഇപ്പുറത്ത് ഒരു മുഴമുള്ളൊരു അതിരഴിയും അപ്പുറത്ത് ഒരു മുഴമുള്ളൊരു അതിരഴിയും ഉണ്ടായിരുന്നു ഇപ്പുറത്തും അപ്പുറത്തും ഓരോ മാടവും ആറാറ് മുഴം ഉള്ളതായിരുന്നു അവൻ ഒരു മാടത്തിന്റെ മേൽപ്പുര മുതൽ മറ്റതിന്റെ മേൽപ്പുര വരെ അളന്നു വാതിലോടു വാതിൽ ഇരുപത്തഞ്ച് മുഴമായിരുന്നു അവൻ പൂമുഖം അളന്നു ഇരുപത് മുഴം ഗോപുരത്തിന്റെ മാടങ്ങൾ ചുറ്റും പ്രാകാരത്തിലേക്ക് തുറന്നിരുന്നു പ്രവേശനവാതിലിന്റെ മുൻഭാഗം തുടങ്ങി അകത്തെ വാതിൽക്കലെ പൂമുഖത്തിന്റെ മുൻഭാഗം വരെ അമ്പത് മുഴമായിരുന്നു ഗോപുരത്തിനും പൂമുഖത്തിനും അകത്തേക്കേ ചുറ്റിലും മാടങ്ങളിലും ഇടത്തൂണുകളിലും അഴിയുള്ള ജാലകങ്ങൾ ഉണ്ടായിരുന്നു ആ ജാലകങ്ങൾ അകത്ത് ചുറ്റും ഉണ്ടായിരുന്നു ഓരോ ഇടത്തൂണിൻമേലും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു അവിടെ പ്രാകാരത്തിനു ചുറ്റും മണ്ഡപങ്ങളും ഓരോ കൽത്തളവും ഉണ്ടായിരുന്നു കൽത്തള തിങ്കൽ മുപ്പത് മണ്ഡപം ഉണ്ടായിരുന്നു കൽത്തളം ോപുരങ്ങളുടെ നീളത്തിന് ഒത്തവണ്ണം ഗോപുരങ്ങളുടെ പാർശ്വത്തിൽ ആയിരുന്നു അത് താഴത്തെ കൽത്തളം പിന്നെ അവൻ താഴത്തെ ഗോപുരത്തിന്റെ മുൻഭാഗം മുതൽ അകത്തെ പ്രാകാരത്തിന്റെ പുറത്തെ മുൻഭാഗം വരെയുള്ള അകലം അളന്നു കിഴക്കോട്ടും വടക്കോട്ടും നൂറീത് മുഴമഴയിരുന്നു വടക്കോട്ട് ദർശനമുള്ള പുറത്തെ പ്രാകാരഗോപുരത്തിന്റെ നീളവും വീതിയും അവൻ അളന്നു അതിന്റെ മാടങ്ങൾ ഇപ്പുറത്തും മൂന്നും അപ്പുറത്തും മൂന്നും ആയിരുന്നു അതിന്റെ ഇടത്തൂണുകളും പൂമുഖവും ഒന്നാമത്തെ ഗോപുരത്തിന്റെ അളവുപോലെ ആയിരുന്നു അതിന്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിന്റെ ജാലകങ്ങളും പൂമുഖവും ഈന്തപ്പനകളും കിഴക്കോട്ട ദർശനമുള്ള ോപുരത്തിന്റെ അളവ് പോലെ ആയിരുന്നു ഏഴ് പതനത്താൽ അതിലേക്ക് കയറാം അതിന്റെ പൂമുഖം അതിന്റെ അകത്തുഭാഗത്തായിരുന്നു അകത്തെ പ്രകാരത്തിന് വടക്കോട്ടും കിഴക്കോട്ടുമുള്ള ഗോപുരത്തിനു നേരെ ഒരു ഗോപുരം ഉണ്ടായിരുന്നു ഒരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്നു നൂറു മുഴം പിന്നെ അവൻ എന്നെ തെക്കോട്ട് കൊണ്ടുചെന്നു തെക്കോട്ട് ഒരു ഗോപുരം അതിന്റെ ഇടത്തൂണുകളും പൂമുഖവും അവൻ ഈ അളവുപോലെ തന്നെ അളന്നു ആ ജാലകങ്ങൾ പോലെ ഇതിനും അതിന്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ചുമുഴവും ആയിരുന്നു അതിലേക്ക് കയറുവാൻ ഏഴു പതനം ഉണ്ടായിരുന്നു അതിന്റെ പൂമുഖം അതിന്റെ അകത്തുഭാഗത്തായിരുന്നു അതിന് അതിന്റെ ഇടത്തൂണുകളിന്മേൽ ഈന്തപ്പനകൾ ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും ഉണ്ടായിരുന്നു അകത്തെ പ്രാകാരത്തിന് തെക്കോട്ട് ഒരു ഗോപുരം ഉണ്ടായിരുന്നു തെക്കോട്ട് ഒരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്നു നൂറു മുഴ പിന്നെ അവൻ തെക്കേ ഗോപുരത്തിൽ കൂടി എന്നെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുചെന്നു അവൻ തെക്കേ ഗോപുരവും ഈ അളവുപോലെ തന്നെ അളന്നു അതിന്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവ് പോലെ തന്നെ ആയിരുന്നു അതിനും അതിന്റെ ഭൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു അത് അമ്പത് മുഴം നീളവും ഇരുപത്തഞ്ചു മുഴം വീതിയും ഉള്ളതായിരുന്നു ചുറ്റും ഇരുപത്തഞ്ചു മുഴം നീളവും അഞ്ചുമുഴം വീതിയും ഉള്ളവയായിരുന്നു അതിന്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിന്റെ നേരെ ആയിരുന്നു അതിന്റെ ഇടത്തൂണുകളിന്മേൽ ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ടു പതനം ഉണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ കിഴക്ക് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു അവൻ ഗോപുരത്തെ ഈ അളവുപോലെ തന്നെ അളന്നു അതിൻറെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവുപോലെ തന്നെ ആയിരുന്നു അതിനും അതിൻറെ പൂമുഖത്തിന് ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു അത് അമ്പത് മുഴം നീളവും ഇരുപത്തഞ്ചുമുഴം വീതിയും ഉള്ളതായിരുന്നു അതിന്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിന് നേരെ ആയിരുന്നു അതിന്റെ ഇടത്തൂണുകളിന്മേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ടു പതനം ഉണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ വടക്കേ ഗോപുരത്തിലേക്ക് കൊണ്ടുചെന്നു ഈ അളവുപോലെ തന്നെ അതും അളന്നു അവൻ അതിന്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും അളന്നു ചുറ്റും അതിന് ജാലകങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ചു മുഴവും ആയിരുന്നു അതിന്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിന് നേരെ ആയിരുന്നു ഇടത്തൂണുകളിന്മേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ടു പതനം ഉണ്ടായിരുന്നു അവിടെ ഒരു അറ ഉണ്ടായിരുന്നു അതിലേക്കുള്ള പ്രവേശനം ഗോപുരത്തിന്റെ പൂമുഖത്തിൽ കൂടി ആയിരുന്നു അവിടെ ഹോമയാഗം കഴുകും ഗോപുരത്തിന്റെ പൂമുഖത്ത് ഇപ്പുറത്ത് രണ്ടു മേശയും അപ്പുറത്ത് രണ്ടു മേശയും ഉണ്ടായിരുന്നു അവയുടെ മേൽ ഹോമയാകവും പാവയാകവും അകിർത്തിയാകവും അറുക്കും ഗോപുരപ്രവേശനത്തിങ്കൽ കയറുമ്പോൾ പുറമെ വടക്കുവശത്ത് രണ്ടു മേശയും പൂമുഖത്തിന്റെ മറുവശത്ത് രണ്ടു മേശയും ഉണ്ടായിരുന്നു ഗോപുരത്തിന്റെ പാർശ്വഭാഗത്ത് ഇപ്പുറത്ത് നാലും അപ്പുറത്ത് നാലും ഇങ്ങനെ എട്ടു മേശ ഉണ്ടായിരുന്നു അവയുടെ മേൽ അവർ യാഗങ്ങളെ അറുക്കും ഹോമയാഗത്തിനുള്ള നാലു മേശയും ചെത്തിയ കല്ലുകൊണ്ട് ഒന്നര മുഴം നീളവും ഒന്നരമുഴം വീതിയും ഒരു മുഴം അവയുടെ മേൽ അവർ ഹോമയാകവും ഹനനയാകവും അറുപ്പാനുള്ള ആയുധങ്ങൾ വയ്ക്കും അകത്തു നാലുവിരൽ നീളമുള്ള കൊളുത്തുകൾ തറച്ചിരുന്നു എന്നാൽ മേശകളുടെ മേൽ നിവേദിത മാംസം വയ്ക്കും അകത്തെ ഗോപുരത്തിന് പുറത്ത് അകത്തെ പ്രാകാരത്തിൽ തന്നെ രണ്ട് മണ്ഡപം ഉണ്ടായിരുന്നു ഒന്ന് വടക്കേഗോപുരത്തിന്റെ പാർശ്വത്ത് തെക്കോട്ട് ദർശനമുള്ളതായിരുന്നു മറ്റേത് തെക്കേഗോപുരത്തിന്റെ പാർശ്വത്ത് വടക്കോട്ട് ദർശനമുള്ളതായിരുന്നു അവൻ എന്നോട് കൽപ്പിച്ചത് തെക്കോട്ട് ദർശനമുള്ള ഈ മണ്ഡപം ആലയത്തിന്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത് വടക്കോട്ട് ദർശനമുള്ള മണ്ഡപം യാഗപീഠത്തിന്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത് ഇവർ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അടുത്തു ചെല്ലുന്ന ലേവ്യരിൽ പുത്രന്മാരാകുന്നു അവൻ പ്രാകാരത്തെ അളന്നു അത് നൂറുമുഴം നീളവും നൂറുമുഴം വീതിയും ഇങ്ങനെ ചതുരശ്രമായിരുന്നു യാഗപീഠമോ ആലയത്തിന്റെ മുൻവശത്തായിരുന്നു പിന്നെ അവൻ എന്നെ ആലയത്തിന്റെ പൂമുഖത്ത് കൊണ്ടുചെന്നു അവൻ പൂമുഖത്തിന്റെ മുറിച്ചുവർ അളന്നു ഇപ്പുറത്തുള്ളത് അഞ്ചുമുഴ അപ്പുറത്തുള്ളത് അഞ്ചു മുഴ മുറിച്ചുവരിന്റെ വീതിയോ ഇപ്പുറത്ത് മൂന്ന് മുഴവും അപ്പുറത്ത് മൂന്ന് മുഴവും ആയിരുന്നു പൂമുഖത്തിന്റെ നീളം ഇരുപത് മുഴ വീതി പന്ത്രണ്ട് മുഴം അതിലേക്ക് കയറുവാനുള്ള പതനം പത്ത് മുറിച്ചുവരുകൾക്കരികെ ഇപ്പുറത്തൊന്നും അപ്പുറത്ത് ഒന്നുമായി തൂണുകൾ ഉണ്ടായിരുന്നു